ം ഇരുപത്തിനാല് യഹോവയുടെ കോപം വീണ്ടും ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു നീ ചെന്ന് ഇസ്രയേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്കു വിരോധമായി ദാവീദിന് തോന്നിച്ചു അങ്ങനെ രാജാവ് തന്റെ സേനാപതിയായ യോവാബിനോട് ദാൻ മുതൽ ബർഷേപ വരെ ഇസ്രയേൽ ഗോത്രങ്ങളിലൊക്കെയും നിങ്ങൾ സഞ്ചരിച്ച് ജനത്തെ എണ്ണി ജനസംഖ്യ എന്നെ അറിയിപ്പീൻ എന്ന് കൽപ്പിച്ചു അതിന്റെ യോവാബ് രാജാവിനോട് യജമാനനായ രാജാവിന്റെ കാലത്ത് തന്നെ നിന്റെ ദൈവമായ ഹോവ ജനത്തെ ഇപ്പോഴുള്ളതിൽ നൂറിരട്ടി വർദ്ധിപ്പിക്കട്ടെ എങ്കിലും യജമാനനായ രാജാവ് ഈ കാര്യത്തിന് താൽപര്യപ്പെടുന്നത് എന്തിന് എന്നു പറഞ്ഞു എങ്കിലും യോവാബും പടനായകന്മാരും രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു അങ്ങനെ യോവാബും പടനായകന്മാരും ഇസ്രയേൽ ജനത്തെ എണ്ണുവാൻ രാജസന്നിയിൽ നിന്ന് പുറപ്പെട്ടു അവർ യോർഡാൻ കടന്ന് ഗാദ് താഴ്വരയുടെ മധ്യയുള്ള പട്ടണത്തിന് വലത്തുവശത്ത് അരോവേരിലും യസേരിന് നേരെയും ടിച്ചു പിന്നെ അവർ ഗിലയാദിലും തഹ്തീം ഹോത്സീദേശത്തും ചെന്നു പിന്നെ അവർ ദാൻ യാനിലും ചുറ്റി സീതോനിലും ചെന്നു പിന്നെ അവർ സോർ കോട്ടയ്ക്കും ഹിവ്യരുടെയും കനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും ചെന്നിട്ട് യഹൂദയുടെ തെക്കുഭാഗത്ത് ബർഷേബയിലേക്ക് പുറപ്പെട്ടു ഇങ്ങനെയവർ വും സഞ്ചരിച്ച് ഒൻപതുസവും ഇരുപത് ദിവസവും കഴിഞ്ഞ ശേഷം യെരുഷലേമിൽ എത്തി യോവാബ് ജനത്തെ എണ്ണിയതിന്റെ ആകെത്തുക രാജാവിന് കൊടുത്തു ഇസ്രയേലിൽ ആയുധപാണികളായ യോദ്ധാക്കൾ എട്ടു ലക്ഷവും യഹൂദ്യർ അഞ്ചു ലക്ഷവും ഉണ്ടായിരുന്നു എന്നാൽ ദാവീദ്ദേശ ജനത്തെ എണ്ണിയ ശേഷം തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട് ഞാൻ ഈ ചെയ്തത് മഹാപാപം എന്നാൽ യഹോവിയെ അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ ഞാൻ വലിയ പോഷത്വം ചെയ്തു എന്ന് പറഞ്ഞു ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ ദാവീദിന്റെ ദർശകനായ ഗാദ് പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ നീ ചെന്ന് ദാവീദിനോട് ഞാൻ മൂന്ന് കാര്യം നിന്റെ മുമ്പിൽ വയ്ക്കുന്നു അതിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക അത് ഞാൻ നിന്നോട് ചെയ്യും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു നിന്റെ ദേശത്ത് ഏഴ് സംവത്സരത്തെ ക്ഷാമം അല്ലെങ്കിൽ മൂന്ന് മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യുകയോ അല്ലെങ്കിൽ നിന്റെ ദേശത്ത് മൂന്ന് ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ എന്തു വേണം എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ചു നോക്കുക എന്നു പറഞ്ഞു ദാവീദ് ഖാദിനോട് ഞാൻ വലിയ വിശ്രമത്തിൽ ആയിരിക്കുന്നു നാം യഹോവയുടെ കൈയിൽ തന്നെ വീഴുക അവന്റെ കരുണ വലിയതല്ലോ മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീടരുത് എന്ന് പറഞ്ഞു അങ്ങനെ യഹോവ ഇസ്രയേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധിവരെ മഹാമാരി അയച്ചു ദാൻമുതൽ ബർഷേപ വരെ ജനത്തിൽ എഴുപതിനായിരം പേർ മരിച്ചുപോയി എന്നാൽ ദൈവദൂതൻ എരുഷലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈനീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട് മതി നിന്റെ കൈ പിൻവലിക്കാം എന്ന് കൽപ്പിച്ചു അന്നരം യഹോവയുടെ ദൂതൻ യബൂസ്യൻ അരവനയുടെ മെതിക്കളത്തിനരികെ ആയിരുന്നു ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവിത് കണ്ടിട്ട് യഹോവയോട് ഞാനല്ലോ പാപം ചെയ്തത് ഞാനല്ലോ കുറ്റം ചെയ്തത് ഈ ആടുകൾ എന്തു ചെയ്തു നിന്റെ കൈ എനിക്കും എന്റെ പ്രദർഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു അന്നുതന്നെ ഗാദ് ദാവിദിന്റെ അടുക്കൽ വന്ന് അവനോട് നീച്ചെന്ന് യബൂസനായ അരവനയുടെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കുക പറഞ്ഞു യഹോവയുടെ കൽപ്പനപ്രകാരം ഗാദ് പറഞ്ഞതുപോലെ ദാവീദ് അവിടേക്ക് പോയി അരവന നോക്കി രാജാവു അവന്റെ സകല ഭൃത്യന്മാരും തന്റെ അടുക്കൽ വരുന്നത് കണ്ടാറെ അരവന പുറപ്പെട്ടുചെന്ന് രാജാവിന്റെ മുമ്പിൽ സഷ്ടാംഗം വീണ് നമസ്കരിച്ചു യശമാനനായ രാജാവ് അടിയന്റെ അടുക്കൽ വരുന്നത് എന്ത് എന്ന് അരവന ചോദിച്ചതിന് ബാധ ജനത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം യഹോവയ്ക്കൊരു യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്കുവാങ്ങുവാൻ തന്നെ എന്നു പറഞ്ഞു ദാവിതിനോട് യജമാനായ രാജാവിന് ബോധിച്ചതെടുത്ത് യാഗം കഴിച്ചാലും ഹോമയാഗത്തിന് കാളകളും വിറകിന് മെതിവണ്ടികളും കാളക്കോപ്പുകളും ഇതാണ് രാജാവെ ഇതൊക്കെയും അരവന രാജാവിന് തരുന്നു എന്ന് പറഞ്ഞു നിന്റെ ദൈവമായ ഹോവ നിന്നിൽ പ്രസാദിക്കുമാറാകട്ടെ എന്നും അരവന രാജാവിനോട് പറഞ്ഞു രാജാവ് അരവനയോട് അങ്ങനെയല്ല ഞാനത് നിന്നോട് വിലയ്ക്കേ വാങ്ങുകയുള്ളു എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും അമ്പത് ശെക്കൽ വെള്ളിക്ക് വാങ്ങി ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കെട്ടു ബാധ ഇസ്രയേലിനെ വിട്ടുമാറുകയും ചെയ്തു